സന്മാർഗം വന്നപ്പോൾ ജനങ്ങളെ വിശ്വസിക്കുന്നതിൽ നിന്നും അവരുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുന്നതിൽ നിന്നും തടഞ്ഞത് മുൻഗാമികൾക്ക് സംഭവിച്ച ശിക്ഷ വരികയോ അല്ലെങ്കിൽ ശിക്ഷ നേരിട്ട് അവർക്കു ചെയ്യുക എന്നത് മാത്രമാണ്